അള്ളാഹു പറഞ്ഞു സ്മൈലി ഫെയ്സ് ഇബ്രാഹിം അലേഹിസലാം താങ്കൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക തീർച്ചയായും താങ്കളുടെ രക്ഷിതാവിന്റെ വിധി വന്നെത്തിയിരിക്കുന്നു അവർക്ക് തിരിച്ചയക്കപ്പെടാത്ത ഒരു ശിക്ഷ വരാനിരിക്കുന്നു